അള്ളാഹു സുബാനഹുവറ്റ ആല നിനക്കെന്തെങ്കിലും പ്രയാസം നൽകിയാൽ അവനൊഴികെ അത് നീക്കുന്നവനായി മറ്റാരുമില്ല അവൻ നിനക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻറെ ഔദാര്യത്തെ തടയാൻ ആരുമില്ല തൻറെ ദാസന്മാരിൽ അവനുദ്ദേശിക്കുന്നവർക്ക് അവനതു നൽകുന്നു അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്